പ്രണാമം ജീവോ ബ്രഹ്മവ ജീവൻ ബ്രഹ്മം തന്നെയാണ് ജീവനിൽ മറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തെ മറമാറ്റി അനുഭവിക്കാനാണ് സകല ജീവന്മാരും സദാ യത്നിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കർമ്മങ്ങളും അതിനുവേണ്ടിയാണ് ഇതെങ്ങനെ അറിയാം ർമ്മവും ഏത് ജീവിയും ചെയ്യുന്നത് സുഖത്തെ ലക്ഷ്യമാക്കിയാണ് നിരന്തരവും പൂർണ്ണവുമായ സുഖാനുഭവമാണ് ബ്രഹ്മം ഇതുതന്നെ മിക്കവാറും ആർക്കും നിശ്ചയമില്ല നമുക്ക് ഈ നിമിഷം മുതൽ നിരന്തരവും ശുദ്ധവുമായ സുഖം എപ്പോഴും അനുഭവിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ബ്രഹ്മനിഷ്ഠർ അതനുഭവിക്കാൻ സാധിച്ചാൽ പിന്നെ ഇവിടെ ആരോടും വഴക്കില്ല എന്തിനാ വഴക്ക് സുഖത്തിന് വേണ്ടി അല്ല വഴക്ക് അത് എപ്പോഴും കിട്ടുന്നു അങ്ങനെ ഈ ബ്രഹ്മാനുഭവത്തിനു വേണ്ടി സകല ജീവന്മാരും സദാ യത്നിച്ചു കൊണ്ടിരിക്കുന്നു ഇക്കാര്യമാണ് ജീവൻ ബ്രഹ്മമാണ് എന്ന കാര്യമാണ് നമ്മളെ ഇന്നലെ ചർച്ച ചെയ്തത് അതിൽ ഒരു അംശം കൂടെ നമുക്കിന്ന് കൂട്ടിച്ചേർക്കാനുണ്ട് അതായത് കർമ്മമാണ് ബ്രഹ്മത്തെ അറിയാൻ വേണ്ടി അത് സഹായിക്കും എന്ന് പറഞ്ഞ് ജീവൻ സദാ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കർമ്മത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായില്ലെങ്കിൽ കർമാനുഷ്ഠാനം ഒരിക്കലും സുഖാനുഭവത്തിൽ കലാശിക്കയില്ല എന്ന് മാത്രമല്ല അവസാനം പൂർണ്ണ ദുഃഖത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു കർമ്മം ബ്രഹ്മത്തിൽ ഇല്ലാത്തതാണ് ഇന്നലെ സീതാദേവി തന്നെ ഹനുമാനോട് വ്യക്തമായി പറഞ്ഞില്ലേ യാതൊരു ചലനത്തിനും എൻ്റെ ഭർത്താവ് വഴങ്ങുന്നതല്ല അദ്ദേഹം ചലിക്കുന്നില്ല അപ്പോൾ ഭക്തിപൂർവം രാമന് വേണ്ട പോലെ അറിഞ്ഞ് കർമ്മം ചെയ്താൽ ഒരു കർമ്മത്തെയും പിന്നെ പേടിക്കാനില്ല എങ്ങനെ കർമ്മം എന്തു തന്നെയായാലും അത് ബ്രഹ്മത്തെ ബാധിക്കുന്നില്ല ബ്രഹ്മത്തിനും കർമ്മത്തിനുമായിട്ട് നേരിട്ടൊരു ബന്ധവുമില്ല വെറും മരുഭൂമിയിലെ കാനൽ ജലം പോലെ ബ്രഹ്മത്തിൽ കർമ്മം കാണപ്പെടുന്നു കർമ്മനിർമ്മിതമായ പ്രപഞ്ചവും കാണപ്പെടുന്നു ഇത് നല്ലവണ്ണം ധരിക്കണം ധരിച്ചാൽ ഇന്ന് പലരിലും ബുദ്ധിമുട്ടി ഉറക്കം പോലും ഇല്ലാതെ ക്ലേശിക്കുന്ന പല കാര്യങ്ങളെയും ദൂരെ മാറ്റി നടത്താം കർമ്മം പാപകർമ്മം പുണ്യകർമ്മം മിശ്രകർമ്മം ഇങ്ങനെ മൂന്ന് തരത്തിലാവാം നല്ലതെന്ന് തോന്നുന്നതാണ് പുണ്യകർമ്മം വളരെ മോശപ്പെട്ടത് അധർമ്മം എന്ന് തോന്നുന്നതാണ് പാപകർമ്മം രണ്ടും ഇടകലർന്നതാണ് മിശ്രകർമ്മം പലർക്കും സംശയം ഞാൻ പാപിയാണോ നല്ല ചിലർക്ക് എല്ലാവരും പാപികളാണെന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് രാത്രി ചില കാര്യങ്ങൾ സാധിക്കാതെ വന്നാൽ തന്നെ ഞാൻ പാവി ഞാൻ എന്ത് പാപം ചെയ്തു എന്നാണ് മിക്കവാറും ആളുകൾ ചോദിക്കുന്നത് അപ്പോൾ ഈ പാപകർമ്മ ശങ്ക ശരിക്കും കർമ്മവും ബ്രഹ്മവുമായിട്ടുള്ള ബന്ധം എന്താണെന്നറിഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവില്ല കർമ്മമൊന്നും ബ്രഹ്മത്ത് അത് പുണ്യമായാലും ശരി പാപമായാലും ശരി ബ്രഹ്മത്തെ അഥവാ ജീവനെ നേരിട്ട് ബാധിക്കുന്നതേ ഇല്ല അറിഞ്ഞില്ലെങ്കിലോ പാപകർമ്മത്തെക്കാൾ ശക്തിയായി ബാധിക്കും പുണ്യകർമ്മം ശ്രീരാമകൃഷ്ണദേവനും മറ്റും പറയുന്നത് പോലെ പാപകർമ്മം ഇരുമ്പ് ചങ്ങലയാണെങ്കിൽ പുണ്യകർമ്മം സ്വർണ്ണ ചങ്ങലെയാണ് പക്ഷെ മരിക്കാൻ സമയത്ത് പുണ്യകർമ്മങ്ങളൊക്കെ കൂടെ കെട്ടിവലിഞ്ഞ് അതിനോടൊന്നും ഉള്ള ആഗ്രഹം തീർന്നില്ല അത് ചെയ്തതുപോരാ അത് ചെയ്തതുപോരാ നിരവധി പുണ്യകർമ്മങ്ങളെക്കുറിച്ചുള്ള ചിന്ത മനസ്സിനെ ബാധിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ ശ്രീരാമൻ എന്താ ഹനുമാനോട് പറയുന്നത് എഡോ ഹനുമാൻ ജീവൻ ബ്രഹ്മമാണ് പക്ഷേ എന്നെ അതായത് ബ്രഹ്മത്തെ വേണ്ട പോലെ അറിഞ്ഞ് ഭക്തിപൂർവം ഭജിക്കുമെങ്കിൽ ഏത് മഹാഭാരതത്തിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാം നല്ല ജീവന് രക്ഷപ്പെടാം ഇതാ ഗംഭീരമായിട്ട് രാമൻ പറയുന്നു സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷതം പാപഹരം ഹൃദ്യം ആനന്ദോദയം സർവവേദാന്താരസംഗ്രഹം ഈ പറഞ്ഞതൊക്കെ സർവവേദാന്താരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപും ധനാരദം പഠിച്ചിടുന്നപുമാൻ മുക്തനായി വരും ഒരു സംശയമില്ല പരമശിവൻ പാർവതിയോട് പറയുകയാണ് ഇതൊക്കെ രാമൻ പറഞ്ഞതാണ് അലയോ ദേവി എല്ലാത്തിൽ നിന്നും മുക്തനായി വരും എന്ന് പറഞ്ഞാൽ ബ്രഹ്മഹത്യാദിദുരിതങ്ങളും ഒന്ന് ഞാൻ കൂടുതൽ വരികണ്ടല്ലോ ബ്രഹ്മജ്ഞാനികളെയും മറ്റും കൊല്ലുന്ന പാപം ആണ് ബ്രാഹ്മണരെ വധിക്കുന്നത് കൊണ്ടുള്ള പാപമാണ് ബ്രഹ്മഹത്യ ബ്രഹ്മഹത്യാദിദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും അനേകജന്മത്തിൽ സമ്പാദിച്ച പാപങ്ങളായാൽ പോലും ഒക്കെ വേ നശിച്ചു പോം എന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോട് എന്നതു സത്യമല്ലോ എന്തെല്ലാം പാപങ്ങളാണ് ജാതിനിന്ദിതൻ പരസ്ത്രീധനഹാരി ഒക്കെ അറിയാമല്ലോ പാപി മാതൃഘാതകൻ പിതൃഘാതകൻ അമ്മയെ കൊല്ലുക അച്ഛനെ കൊല്ലുക എന്നൊക്കെ പത്രം നോക്കിയാൽ നേരം ഇതെല്ലാം ഏത് പത്രത്തിലും ഇന്നിഷ്ടം പോലെ കാണാമേ അങ്ങനെ അമ്മയെ കൊല്ലുമോ സാർ അച്ഛനെ കൊല്ലുമോ സാർ അതൊന്നും എന്നോട് ചോദിക്കണ്ട കാലത്ത് ഏതെങ്കിലും മലയാള പത്രം എടുത്ത് വായിച്ചാൽ മാത്രം മതി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദപഹാരി യോഗിബന്ധത്തെയൊക്കെ കുഴപ്പത്തിലാക്കുന്നവൻ സുവർണസ്ഥേ സ്വർണം മോഷ്ടിക്കുന്നവൻ ശച്ചിക്കനെ ഈ പാപങ്ങളിൽ നിന്ന് പോലും മുക്തനാകും അപ്പോൾ അത് കൊള്ളാമല്ലോ സാർ സ്വർണവും ഒക്കെ മോഷ്ടിച്ചിട്ട് കുറച്ച് രാമനാമം ചൊല്ലിയാൽ മതിയല്ലല്ലേ വരട്ടെ ക്ഷമയോടുകൂടി കേൾക്കുക യോഗി വൃന്ദാപഹാരി സുവർണ സ്ത്രീ ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്താരാമനാമത്ത ജപിച്ചിടുകിൽ ആ ഭക്തി എന്നുള്ളത് ആണല്ലേ ചെയ്യുക ഭക്തി പറയുന്നത് കുറച്ച് പൂമാല കിട്ടുകയോ അതൊക്കെ ഭക്തിയിൽപ്പെടും അടുക്കളയിൽ പാചകം ചെയ്യുന്നത് പോലും ഭക്തിയിൽപ്പെടും എപ്പോ രാമനാരാണെന്നറിഞ്ഞുകൊണ്ട് പാചകം ചെയ്യുക രാമനാണ് എല്ലാം എവിടെയും കാണുന്ന എല്ലാം രാമനാണ് രാമൻ സർവാത്മകനാണ് സർവത്രമറിഞ്ഞിരിക്കുന്നു ഞാനും നീയും ജഗത്തുമൊക്കെ രാമനാണ് എന്നറിഞ്ഞുകൊണ്ട് രാമനാമം ചൊല്ലുക ആ രാമനാമം നിങ്ങളെ ഏത് ഭാഗത്തിൽ നിന്നും രക്ഷിക്കും രാമനാമത്ത ജപിച്ചിടയിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി അത്രയല്ല ദേവകൾ പോലും പൂജിക്കും വാശിഷ്ടവും മറ്റും പറയുന്നു പരിസ്ഫുരതി യന്തർനിത്യം സത്യചമത്കൃതി ബ്രാഹ്മമണ്ഡമിവാഖണ്ഡം ലോകേശാലയങ്കിത്വം ആരുടെ ഉള്ളിലാണോ വ്യക്തമായ ബ്രഹ്മതത്വം ശാസ്ത്രീയതം സദാസ്മരണയിൽ സ്ഥിതി ചെയ്യുന്നത് അവന് കാത്തുസൂക്ഷിക്കാൻ ബ്രഹ്മാണ്ടത്ത് എന്ന പോലെ കാത്തു സൂക്ഷിക്കാൻ ലോകബാലന്മാർ പോലും കടപ്പെട്ടവരാണ് ഇത് സംശയമൊന്നും വേണ്ട ഞാൻ എടുത്തു പറയുന്നത് ചിലർക്കത് ഈ ബോധം കയ്യും കാലമില്ലാത്ത ഒരു ഈശ്വരൻ നമ്മെ ആപത്തിൽ നിന്നൊക്കെ രക്ഷിക്കുമോ സാർ എന്തു നേരമ്പോ ഒക്കെയാണ് സംശയമുള്ളവർ ഭാഗവതത്തിലെ അമ്പരീഷചരിതം വായിച്ചു നോക്കുക ഞാനത് ദീർഘമായി വിവരിക്കുന്നില്ല അതാ ദുർവാസാവെന്ന് പറഞ്ഞ മഹാതപസ്വി തപസ്വിയുടെ എല്ലാ ലക്ഷണങ്ങളും കൊണ്ട് സദാ കുറേ ആളുകളുമായി ഇങ്ങനെ ശിവശബ്ദം ഉച്ചത്തിൽ ഉച്ചരിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് ഒരു ചെറിയ കുറ്റത്തിന് ഒരു തുള്ളി വെള്ളം കുടിച്ചുകളെങ്കിൽ അത്രയേ ഉള്ളൂ അദ്ദേഹത്തെ ഉണ്ണാൻ വിളിച്ചിട്ട് അദ്ദേഹം വരും മുമ്പേ ഒരു തുള്ളി വെള്ളം കുടിച്ചു ആ കുറ്റത്തിന് അംബരീഷനെ കൊല്ലാൻ ഒരുമ്പടിയാണ് എന്തൊരു മഹാസിദ്ധൻ ദുർവാസ ഒരു തലമുടി എടുത്ത് താഴെ അടിച്ചതേ ഉള്ളൂ ഒരു കൃത്യ രൂപം ഭൂമിയെ പാടെ വിളപ്പിച്ചുകൊണ്ട് ആ കൃത്യ വാളുവായ അംബരീഷൻ്റെ അടുത്തേക്ക് ചെന്നു അവിടെയാണ് ഒരു ബ്രഹ്മനിഷ്ഠൻ്റെ മഹത്വം കൃത്യ വരുന്നു നോക്കി നിൽക്കുകയാണ് െങ്കിൽ അംബരീഷയെ കൃത്യതയെ ചെറുക്കാൻ വലിയൊരു സൈന്യത്തിന്റെയൊക്കെ ഉടമയാണ് പക്ഷെ അംബരീഷൻ സർവം ബ്രഹ്മമയമായി കാണുന്നു സർവം വാസുദേവേ ഭഗവതി തദ്ഭക്തേഷു ച പ്രാപ്തോ ഭാവം പരം വാസുദേവനിലും അദ്ദേഹത്തിന്റെ ഭക്തന്മാരിലും പരംഭാവം പ്രാപ്ത പരബ്രഹ്മഭാവം അനുഭവിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഏനേദം വിശ്വം ഇതം ലോഷ്ടവത് സ്മൃതം ചെയ്യും ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെടുന്ന പ്രപഞ്ചത്തെ ഒരു മൺകട്ട അതീ കവിനദ്ദേഹം ഈ പ്രപഞ്ചത്തിന് യാതൊരു മഹത്വവും നൽകിയില്ല ഏനേദം ലോഷ്ടവത്ത് സ്മൃതം ലോഷ്ടം വെച്ചാൽ ഒരു മൺകെട്ടാണ് എന്താ കാര്യം സർവം ബ്രഹ്മമായ ഈ ജഡപപ്രപഞ്ചം ഒരു മൺകെട്ടായാലൊന്നുമില്ല നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തില്ലേ വെറും ഒരു മൺകെട്ട ഉറപ്പ് യാതൊരു സംശയവും കാര്യത്തിലില്ല കൃത്യം അങ്ങനെ ചാടി ബഹളം കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ അമ്പരീക്ഷാനംഗീതയില്ല അപ്പോഴേക്കും അതാം വിഷ്ണുചക്രം പ്രത്യക്ഷപ്പെട്ടു വിഷ്ണുചക്രം എന്നൊക്കെ പറഞ്ഞാൽ കാലം അംബരീഷൻ അനുകൂലമായി ഒരു ഭക്തനുകൂലമായി തീരുന്നു അത്രയേ ഉള്ളൂ വിഷ്ണുചക്രം എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു അംബരീഷൻ അറിയുന്നതേയില്ല അംബരീഷൻ വിഷ്ണുചക്രം ഉണ്ടെന്നൊന്നും വെച്ചാൽ എന്നെ രക്ഷിക്കാൻ ഉണ്ടെന്നൊന്നും അംബരീഷൻ അറിഞ്ഞുകൂടാ വിഷ്ണു ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് ചക്രത്തെ അംബരീഷൻ അറിയാതെ ആരെങ്കിലും അദ്ദേഹത്തെ എന്തെങ്കിലും കുഴപ്പിക്കാനും ശ്രമിച്ചാൽ ശ്രദ്ധിച്ചോളണം നിന്നെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് ഈ എന്ന് പറഞ്ഞ് ചക്രത്തെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണെ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു കൃത്തികയുടെ കഴുത്ത് ദൂരെ എറിഞ്ഞു ദുർവാസാവിൻ്റെ പിന്നാലെ ദുർവാസാവിനെ കൊല്ലാനായി ഓടിച്ചു വലിയ ഗംഭീരനായ സിദ്ധനാണേ അല്ല ഇതിൽപ്പരം ഒരു സിദ്ധിയുണ്ട് ഒരു തലമുടി തറയിലടിച്ചപ്പോൾ കൃത്തിക നമ്മളീ സിദ്ധിയൊക്കെ കുറിച്ചൊക്കെ എന്തൊരു ബഹളമാണ് നമുക്ക് ഇതിൽപ്പരം ഒരു സിദ്ധി ആർക്കെങ്കിലും കാണിക്കാൻ പറ്റുമോ പക്ഷെ ഒരു ബ്രഹ്മനിഷ്ഠനൊന്നും ഈ സിദ്ധിയിലൊന്നും അശേഷം കുറുങ്ങില്ല അശേഷം കുളിഞ്ഞില്ല നേരെ മറിച്ച് ദുർവാസോ ഓടി ചക്രത്തെ കണ്ടു ഓടി ബ്രഹ്മാവിൻ്റെ അടുത്തൊന്നും ബ്രഹ്മാവടൊന്നും ഇവിടെ ഒരു ലക്ഷ്യമില്ല ഇത് വിഷ്ണുചക്രമാണ് ശിവൻ്റെ അടുത്തെന്നും പക്ഷേ ഞങ്ങളെല്ലാം ആ വിഷ്ണുവിൻ്റെ ദാസന്മാരാണ് ഇവിടെ രക്ഷയില്ല വിഷ്ണുവിനെ പ്രാപിക്കൂ വിഷ്ണുവിൻ്റെ അടുത്ത് നിന്നു അപ്പൊ വിഷ്ണു എന്താ പറയുന്നത് ദുർവാസാവേ കഷ്ടമായി പോയല്ലോ എന്തുനി കുഴപ്പത്തിനൊക്കെ പുറപ്പെട്ടു അംബരീഷന് നേരെയൊക്കെ അയാൾ ആരാ കഷ്ടമായി പോയി ഞാൻ വിചാരിച്ചവര് നിവർത്തിയില്ല എന്താ കാര്യം അഹം ഭക്തപരാധീനോ ഹ്യസ്വതന്ത്ര ഈ വത്ജ ഞാൻ ഭക്തപരാധീനാണ് ഭക്തന്മാർക്കിടെ അടിമയാണ് അങ്ങനെ അങ്ങീ അടിമയൊക്കെ ആയാലും എന്തു ചെയ്യാം എനിക്കങ്ങനെ ഒരു ദോഷമുണ്ട് എന്നെ ഫലിക്കുന്നവരുടെ അടിമയാവും ഞാൻ അഹം ഭക്തപരാധീനോ അസ്വതന്ത്ര വിഭജ ഈ ശ്ലോകമൊക്കെ വായിക്കുമ്പോൾ ഈ ബ്രഹ്മാനുഭവത്തിൻ്റെ മഹത്വം ഇത്രയെന്ന് പറഞ്ഞറിയിക്കാൻ ആർക്ക് കഴിയും എന്നെ അംബരീഷൻ അറസ്റ്റ് ചെയ്ത് ഉള്ളിവെച്ചിരിക്കുകയാണ് എനിക്ക് നനങ്ങാ നിവർത്തിയില്ല ഇയാൾ എന്തിനാണ് ഈ കുഴപ്പത്തിനൊക്കെ പോയത് ഞാൻ വിചാരിച്ച ഒരു രക്ഷയില്ല വല്ല രക്ഷയും വേണമെങ്കിൽ നേരെ അംബരീഷിൻ്റെ അടുത്ത് മാപ്പ് പറ വരെ മാർഗൊന്നുമില്ല അങ്ങനെ ദുർവാസാവ് അംബരീഷിൻ്റെ അടുത്തേക്ക് കൂടി ചെല്ലുകയാണ് അപ്പോഴേ ക്യാമ്പരീഷൻ പുഞ്ചിരി തൂവിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ് ഇദ്ദേഹം ചെന്ന് കാൽക്കൽ വീഴും അയ്യോ അങ്ങനെൻ്റെ കാൽക്കൽ വീഴുന്നത് നമുക്ക് സുഖമായിട്ട് ഊണ് കഴിക്കാം അങ്ങ് വന്നേ ഉണ്ണു എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുകയാണ് പോയി നല്ല സദ്യ ഊണൊക്കെ കഴിഞ്ഞു ദുർവാസാവിന് സന്തോഷമായി അപ്പോഴാണ് ദുർവാസാവ് പറഞ്ഞത് അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമദ്യമേ അനന്തദാസൻ ആ പരമാത്മതത്വത്തെ സർവാത്മനാ ഭജിക്കുന്ന ഒരാളിൻ്റെ മഹത്വം എനിക്കിന്ന് നല്ലവണ്ണം കാണാൻ കഴിഞ്ഞു അങ്ങെ കൊല്ലാൻ ശ്രമിച്ച എനിക്കുപോലും അങ്ങ് സകല മംഗളങ്ങളും ആശംസിക്കുന്നു ഇതാണ് ബ്രഹ്മനിഷ്ഠ ഇതാണ് ഭക്തിപൂർവം രാമനെ ഭജിക്കുക സർവം രാമമയം എന്ന് ക്രമേണ ഒരു ദിവസം കൊണ്ടിന്നുമല്ല നമ്മൾ നാളെ കൂടെ കഴിഞ്ഞാൽ അടുത്തഞ്ച് ദിവസം ഈ ബ്രഹ്മനിഷ്ഠയ്ക്കുള്ള ഉപാസനകൾ അനുഷ്ഠാനങ്ങൾ സഗുണ നിർഗുണ ഉപാസനകൾ ഉപാസനകൾ ഇതൊക്കെ ചർച്ച ചെയ്യും നാളത്തോടുകൂടി ഈ സിദ്ധാന്തപരമായ കാര്യങ്ങൾ ഏതാണ്ട് അവസാനിക്കും അപ്പോൾ ഈ ഭക്തിപൂർവം രാമനാമൻ ജപിച്ചാൽ മതി വെറും യാന്ത്രികമായി മനസ്സ് രാഗദ്വേഷ കലുഷം കാമക്രോധ കലുഷം കുറേ രാമനാമൻ വല്ല പ്രയോജനമുണ്ടോ ആലോചിച്ചു നോക്കുക നമ്മുടെ ഹൃദയം രാഗദ്വേഷവിമുക്തമാകുന്നില്ലെങ്കിൽ ആയിരം ജന്മം രാമനാമൻ ജവിച്ചാലും വലിയ വിശേഷമൊന്നുമില്ല രാഗദ്വേഷവിമുക്തമാകുമെങ്കിൽ ഒരു വിരോധമില്ല അതാണ് ശ്രീരാമ ദേവനെടുത്തു പറയുന്നത് ലോകനിന്ദ്രതനേറ്റമെങ്കിലും അവൻ ഭക്തിയാ രാമനാമത്ത ജപിച്ചിടുകിൽ ദേവകളാരാമോദപൂർവം പൂജ്യനായവരും അത്രയല്ല ആചാര്യസ്വാമികളും മറ്റും പറയുന്നു ദേവേന്ദ്രൻ പോലും ബ്രഹ്മതത്വമറിഞ്ഞ് ഈശ്വരഭജനം നടത്തുന്ന ഒരാളിനെ നിന്ന് നോക്കി തൊഴുതിട്ട് പൊക്കോളും എന്നാണ് പേടിക്കണ്ട ധൈര്യമുണ്ടെങ്കിൽ ഈ ബ്രഹ്മബോധം വേറൊന്നുമില്ല കാണുന്നതൊക്കെ ബ്രഹ്മമയം ഈശ്വരമയം ആരോടും ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട ഇതു ഉള്ളിൽ ഉറപ്പിക്കുക മാത്രമേ കണ്ടു അത് നല്ല ഉറച്ചുറച്ച് വരുമ്പോൾ സ്വയം അറിയാറാകും എന്തൊരു നിർഭയത്ത ആകാശം ഇടിഞ്ഞുവീഴ്ച മിണ്ടായിരിക്കില്ല പറ്റുമെങ്കിൽ ആ അവിടെ നിൽക്കും തടയിൽ പറ്റില്ലെങ്കിൽ വീട്ടിവിടെ എന്തു വരാൻ പോകുന്നു ആകാശം താഴെ വീണ ഓരോരു കുഴപ്പവും വരില്ല ഓരോരു കുഴപ്പവും രാമനാമത്ത ജപിച്ചിടുകൾ ദേവകളാരാമോദപൂർവം പൂജ്യനായിടും അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തൊപ്രാപിച്ചിടും ഇല്ല സംശയമേയും സാധാരണ യോഗികൾക്കൊന്നും അവിടെ എത്താൻ ഒക്കില്ല വിഷ്ണുലോകത്ത് ബ്രഹ്മജ്ഞാനം ശരിക്കനുഭവിക്കുന്നവർക്ക് മാത്രമേ വിഷ്ണുലോകത്തെത്താൻ പറ്റൂ ചില യോഗിമാർക്കൊക്കെ ഇവിടെ നിന്ന് പ്രാണനയൊക്കെ ഒന്ന് അറിച്ച് അല്പക്കുണ്ടല്ലിനെയൊക്കെ ഉണർന്ന് ചില അനുഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാം പക്ഷേ വിഷ്ണുലോകത്തെത്തണമെങ്കിൽ ശരിക്കും ബ്രഹ്മത്തെ ഫലിക്കണം അത് എപ്പോഴാണ് പാടില്ലാത്തത് ഭാരതത്തിലെ പ്രസിദ്ധമായ സർമ്മവ്യാസൻ്റെ കഥയില്ലേ കൂടെ കൂടെ വിവേകാനന്ദ സ്വാമികൾ ഉദ്ധരിക്കുന്ന കഥയാണ് ബ്രഹ്മവ്യാസൻ ഇറച്ചി വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഈ ബ്രഹ്മബോധം ശീലിച്ചു ഇറച്ചിയും ബ്രഹ്മം എന്നു വിചാരിച്ച് ജോലിയൊന്നും ചെയ്യാതിരിക്കുന്നില്ല സകലതും ബ്രഹ്മം പിന്നെ എന്തിനും ജോലി ചെയ്യാതിരിക്കണം ജോലിയും ബ്രഹ്മം ഇറച്ചി വെള്ളുന്ന കത്തിയും ബ്രഹ്മം ഇറച്ചിയും ബ്രഹ്മം അതിൽ കിട്ടുന്ന പണവും ബ്രഹ്മം ആ കഥ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വായിച്ചു നോക്കുക ഇങ്ങനെ യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തത് ഭക്തിപൂർവം അരുൾ ദേവി ഇങ്ങനെ മഹാദേവൻ ഈ രാമകഥ പറഞ്ഞു അപ്പോഴേക്കും ദേവി പറഞ്ഞു സംക്ഷേപിച്ച് പറഞ്ഞതൊന്നും പോരാ എനിക്ക് ദീർഘമായി രാമചരിതം കേൾക്കണം അങ്ങനെ രാമകഥ വിസ് വിസ്തരിക്കാൻ തുടങ്ങുകയാണ് പരമശിവൻ ഇവിടെ ഏത് പാപിയും ഇത് രാമായണം മാത്രമല്ല ഏത് പാപിയും എന്ന് പറഞ്ഞാൽ കർമ്മം ഇല്ലാത്തതാണ് ഇല്ലാത്തത് അത് നല്ലവണ്ണം ഉറപ്പ് വന്നാൽ പിന്നെ ഞാൻ പാപം ചെയ്തോ പുണ്യം ചെയ്തോ എന്നാരെ ചിന്തിച്ച് ക്ലേശിക്കും ഉറപ്പ് വന്നില്ലെങ്കിലോ പുണ്യം പോലും കഠിന ബന്ധം നമ്മുടെ അസുരചക്രവർത്തിമാരിൽ മിക്കവരും നല്ല വേദാന്തികൾ ബ്രഹ്മനിഷ്ഠർ അസുരചക്രവർത്തിമാർ സ്വധർമ്മം ധർമ്മമധർമ്മം ഇവിടെ ധർമ്മമേത് അധർമ്മമേത് എന്നാരാണ് നിശ്ചയിക്കുക ഇന്ന് തന്നെ ലോകത്ത് ഇന്ത്യയിൽ ധർമ്മമായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ അധർമ്മം അവിടുത്തെ ധർമ്മം ഇവിടെ തികഞ്ഞ അധർമ്മം എൻ്റെ ധർമ്മം മറ്റൊരാൾക്ക് അധർമ്മം മാത്രമല്ല കർമ്മം ചെയ്യുന്നതാരും പെട്ടെന്ന് മനഃപൂർവ്വമായിട്ട് ചെയ്യുകയല്ല പ്രകൃതിയെ ക്രിയമാണാണി ഗുണൈകർമാണി സർവശ അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇത് മന്യത്തെ അർജുന ഓരോരുത്തരെയും അവരവരുടെ പ്രകൃതി കർമ്മം ചെയ്യിക്കുകയാണ് അഹങ്കാരവിമൂഢാത്മാക്കൾ ഞാനാണ് ചെയ്യുന്നത് എന്ന് കരുതുന്നു ഒരിത്തരും അവരവർ ചെയ്യുകയല്ല കാരണം എങ്ങനെ അറിയാൻ അവരവർക്ക് അവരവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം വേണ്ടെന്ന് വെക്കാനോ മാറ്റിമറിക്കാനോ ഒന്നും പറ്റില്ല എല്ലാം അവശപ്രകൃതേർ വശാ ഓരോരുത്തരും പ്രകൃതിക്ക് വശപ്പെട്ട് അവശരായി പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഈ ലോകത്ത് ആസുരവർഗം ദേവവർഗം എന്ന രണ്ടു വർഗമേ ഉള്ളൂ കൃഷ്ണൻ പതിനാറാം അധ്യായത്തിൽ അത് ഗീത പതിനാറാം അധ്യായത്തിൽ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ജനനാൽ തന്നെ അസുരന്മാർ ആസുരകർമ്മങ്ങൾ ചെയ്യുന്നു എന്നുവെച്ചാൽ ദേവന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക അവരെ സ്വർഗത്തൊന്നൊക്കെ അടിച്ചിറക്കുക ഇതാണ് അസുരന്മാരുടെ ജോലി അവരുടെ സ്വധർമ്മം അവരുടെ സ്വധർമ്മം അതാണ് അവരെ എതിർക്കുക എന്നുള്ളതാണ് ദേവന്മാരുടെ സ്വധർമ്മം അവർ അത് ചെയ്യുന്നു പക്ഷേ ഇങ്ങനെയുള്ള അസുരന്മാർ അവരുടെ സുധർമ്മം ചെയ്യുമ്പോൾ അവർ ബ്രഹ്മബോധം ഉൾക്കൊള്ളുന്നു ഗംഭീരന്മാർ ച നമ്മൾ കേട്ടിട്ടില്ലേ ഹിരണ്യകശിപു പ്രഹ്ലാദൻ്റെ അച്ഛൻ ഹിരണ്യകശു ഗംഭീര വേദാന്തിയാണ് സഹോദരനെ വിഷ്ണു കൊന്നു എന്നറിഞ്ഞ് അമ്മ നിലവിളിക്കുന്നു ഭാഗവത്തിൽ തന്നെ ഹിരണ്യകശു അമ്മയെ ഉപദേശിക്കുന്ന വേദാന്തത്വങ്ങൾ അതിഗംഭീരങ്ങളാണ് വായിച്ചു നോക്കുക അമ്മ ഇതിലെന്താ ഇത്ര ദുഃഖിക്കാൻ ഇതൊരു സ്വപ്നം ഈ ജീവിതം ഇവിടുത്തെ ഈ ഭൗതിക ജീവിതം വെറും ഒരു സ്വപ്നം അപ്പോഴാണ് ചിലരെന്ന് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സാറേ ആ പ്രഹ്ലാദന കൊല്ലം എന്തിനാണ് ഈ ഇത്രയധികം പ്രയത്നം ചെയ്തത് അതും എന്നോട് ചോദിച്ചിട്ട് ഹിരണ്യകശുപിനോട് ചോദിക്കുക അദ്ദേഹം പറയും നല്ല ഉറപ്പ് ഹിരണ്യകേശുവിന് പ്രഹ്ലാദനെത്ര ഉറപ്പുണ്ടോ അത്രയും ഉറപ്പ് ഹിരണ്യകശുന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി നടത്തുന്നു ഹിരണ്യകശു പിന്നെ ഇങ്ങനെ ഓരോരുത്തരുടെ വലിയ അസുരന്മാർ മഹാബലി മഹാബലിയെപ്പോലെ ഒരു ബ്രഹ്മനിഷ്ഠൻ പേരെ ആരുണ്ട് നമ്മുടെയൊക്കെ വിചാരം മഹാബലിയെ ഭഗവാൻ മൂന്നടി മണ്ണിനു വേണ്ടി ചവിടിത്താഴ്ച നിൽക്കല്ലേ മൂന്നാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാതെ വാമനൻ മഹാബലിയെ കുറേയൊക്കെ പരിഹസിക്കും നീയാണോ വലിയ ദാനധർമ്മധർമ്മങ്ങളൊക്കെ ചെയ്യുന്നവൻ എനിക്ക് മൂന്നടി ഭൂമി തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടടിയല്ലേ തന്നുള്ളൂ അപ്പോഴും മഹാബലി ചിരിക്കുകയാണ് എല്ലാം പിടിച്ചു വാങ്ങി ചിരിക്കുന്നു ചിരിച്ചിട്ട് വാമനനെ നോക്കി പറഞ്ഞു ഭഗവാനെ അവിടെ നിന്ന് എന്നെ കള്ളനെന്നൊന്നും പറയണ്ട മൂന്നാമത്തെ എൻ്റെ തലയിൽ വെച്ചോളൂ ചിരിച്ചുണ്ട് അപ്പോഴാണ് മഹാവിഷ്ണുവും വാമനൻ അദ്ഭുതപരതന്ത്രനായി ചുറ്റും നോക്കി നിന്ന ദേവന്മാരോട് പറഞ്ഞു എടോ ഇതാണ് ദേവന്മാർ നിങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുവല്ലേ ഭാഗവതത്തിലെ ശ്ലോകമാണ് യേശാനവ ദൈത്യാനാമഗ്രണി കീർത്തിവർദ്ധന അജയ് ഷീതഅയാമ്മ സീതെന്ന വിനമുഖി മുഖ്യത്തി ഭാഗവതത്തിലെ ശ്ലോകമാണ് നിങ്ങളൊക്കെ ഇത് നോക്കി നിൽക്കുന്നു അല്ലേ എന്റെ അജയമായ ഈ വാമൻ ഈ ഈ മഹാബലി ജയിച്ചിരിക്കുന്നു എന്തുകൊണ്ട് എല്ലാം ഞാൻ പിടിച്ചു വാങ്ങിയിട്ടും അദ്ദേഹം ചിരിക്കുന്നു എടും നിങ്ങൾക്കിത് കഴിയുമോ നിങ്ങൾക്ക് സ്വർഗം പോയി പോയി തിരിച്ചെടുത്ത് തരണം നിങ്ങൾ എന്നെ ശരണം പ്രാപിച്ചത് നേരെ മറിച്ച് ഈ നോക്കൂ ഈ ഭഗവാൻ വാമനനായി കാണാനില്ലാത്ത ഒരു വഴുവായി എല്ലാവരുടെയും അടുത്തെത്തും എല്ലാം പിടിച്ചു അപ്പോൾ ചിരിച്ചോണ്ട് വിട്ടുകൊടുക്കാൻ പറ്റുമോ ഇപ്പോഴേ ശ്രമിച്ചു നോക്കണം മരണമൃത്യുവിൻ്റെ രൂപത്തിൽ സകലരുടെയും ശരീരം ഉൾപ്പെടെ സകലത്തും പിടിച്ചു വാങ്ങാൻ എത്തും തിരിച്ചുണ്ടായി ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതല്ലേ എന്ത ഇത്ര താമസിച്ചത് കുറച്ചുകൂടെ നേരത്തെ വന്ന വന്നുകൂടെ ആയിരുന്നു എന്ന് ചിരിച്ചു കൊണ്ട് വിടാൻ പറ്റുമോ ഇപ്പോഴേ ശ്രദ്ധിക്കണം എന്തായാലും അങ്ങനെ മഹാബലി ഉപരി വൃത്രാസുരൻ ഭാഗവതത്തിൽ ഇന്ദ്ര വൃത്രയുദ്ധമുണ്ട് ഇന്ദ്രൻ വൃത്തനെ കൊല്ലാൻ ഭാവിക്കുകയാണ് വൃത്രൻ ഒരു ചിത്രകേതു എന്ന ഒരു ഗന്ധർവനായിരുന്നു ആ ഗന്ധർവൻ അങ്ങനെ അഹങ്കരിച്ച് നടന്നു പാർവതിയുടെ ശാപം നിമിത്തം അസുരനായി ജനിക്കേണ്ടി വന്നു അളിങ്ങനെ സ്വർഗത്ത് അപസരസ്ത്രീകളുമൊക്കെയായിട്ട് സഹ ഓടി നടന്ന് പാടും കൂത്തും പാട്ടും കൂത്തുമായി നടക്കുമ്പോൾ ഒരു ദിവസം ശിവനെ കണ്ടു എങ്ങനെയാണ് ശിവനെ കണ്ടത് പാർവതീദേവിയെ ഗാഠമായി ആലിംഗനം ചെയ്തുകൊണ്ട് മുനിമാരുടെ മധ്യത്തിൽ ഇരിക്കുന്നതായിട്ടാണ് കണ്ടത് ചിത്രകേതുവിന് വലിയ ദേഷ്യമായി അത് കൊള്ളാം ഭാഗതന്മാർ പോലും ഇങ്ങനെ ചെയ്യില്ലല്ലോ ഈ പരമശിവനാണോ ലോകത്തെ രക്ഷിക്കുന്നവൻ ഇയാൾക്ക് ധർമ്മമെന്തെന്നറിയാമോ ആണ് ധർമാധർമ്മങ്ങൾ നിശ്ചയിക്കുക അവിടെയാണ് പരമശിവൻ എന്തോ അധർമ്മം ചെയ്തു എന്നാണ് ഇയാൾ കരുതുന്നത് അദ്ദേഹം തൻ്റെ പ്രിയതമയ്ക്ക് പണ്ട് പണ്ടേ തന്നെ പാകുതി ശരീരം വീതിച്ചു കൊടുത്തിട്ടിരിക്കുന്ന പുള്ളിയ അദ്ദേഹം പിന്നെ എങ്ങനെ ഇരിക്കും നേരെ ചെയ്യാളോ ഈ ചിത്രകേതു അലഞ്ഞു തിരിയുന്ന ഒരു വിട്ടി അയാളാണോ ധർമ്മം നിശ്ചയിക്കുന്നത് അയാൾ പരമശിവനെ പരിഹസിച്ചു പരമശിവൻ പൂർണ്ണ ബ്രഹ്മനിഷ്ഠനാണ് ഈ ചിത്രകേതുവിലും ബ്രഹ്മത്തെ തന്നെ കാണാൻ കഴിവുണ്ടായിരുന്ന ആ ജഗതീശ്വരൻ ചിരിച്ചു പക്ഷെ ദേവിക്ക് അത് സഹിച്ചില്ല ഉടനെ നമ്മുടെ ചില ചില കുസൃതികൾ ചോദിക്കും അപ്പം ദേവിക്ക് ബ്രഹ്മനിഷ്ഠ ഇല്ലായിരുന്നു ബ്രഹ്മനിഷ്ഠ ഉള്ളവരെല്ലാം എപ്പോഴും എല്ലായിടത്തും ചിരിച്ചുകൊണ്ടിരിക്കണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല ചിലപ്പോൾ ഒരു ശരിക്കു പതിവഹിച്ചേക്കും ശരിക്കും ദേവി വിചാരിച്ചു ഈ വഷളനെ ഇങ്ങനെ വിട്ടാൽ അയ്യണല്ലോ ഉടൻ തന്നെ നീ അസുരനായി ജനിക്കും എന്ന് ശപിച്ചു അങ്ങനെ വൃത്രാസുരനായി ജനിക്കുകയാണ് അപ്പോഴേക്കും ചിത്രകേതു രസത്തിൽ നിന്ന് എഴുതി ഇറങ്ങി അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു ആ സാരമില്ല അവിടെ ഇന്ദ്രനുമായി ഒരു യുദ്ധത്തിൽ നീ മരിക്കും നിനക്ക് മോക്ഷം കിട്ടും അപ്പോ ഇത് ഇന്ദ്രനറിയാം വൃത്രം ജനിച്ചിരിക്കുന്നു സ്വർഗത്തെ കീഴടക്കി ഇന്ദ്രനാണെങ്കിൽ ലധീജിയുടെ നട്ടിൽ വാങ്ങി വജ്രായുധമുണ്ടാക്കി ഭഗവാൻ പറഞ്ഞുകൊടുത്തിട്ട വൃത്രാസുരനെ വധിക്കാൻ നോക്കി നിൽക്കുകയാണ് രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം ഞാൻ പറയുന്നത് ഭാഗവതം വായിച്ചു നോക്കുക അല്ലെങ്കിൽ ഭാഗവത ഹൃദയം ഇവിടുണ്ട് ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട കഥകളെല്ലാം ഈ വേദാന്തതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഗ്രഹിച്ചിട്ടുള്ള പുസ്തകം ഏകാദശത്തിൻ്റെ എല്ലാ അധ്യായവും അതുപോലെ വ്യക്തമായി വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുള്ള പുസ്തകം ഭാഗവത ഹൃദയം പറ്റുമെങ്കിൽ വാങ്ങിച്ച് വായിച്ചു നോക്കുക അതിൽ വൃത്രവധം എന്ന് അധ്യായം വായിച്ചു നോക്കുക വൃത്രൻ ഇന്ദ്രനോട് പറയുകയാണ് എടോ ഇന്ദ്ര നീ ഞാനും ഒന്ന് നീ ഞാനും ബ്രഹ്മം എനിക്കൊരു സംശയവും ഇല്ല നീ എന്നെ കൊല്ലും എനിക്കതിലൊന്നും ഇപ്പൊ ഒരു സംശയവും നല്ല ഉത്സാഹം വൃത്രന് നല്ല ഉത്സാഹം നീ എന്നെ കൊല്ലുമെന്നും എനിക്കറിയാം അതിനാണ് നീ ദശിജിയുടെ എല്ലടടുത്ത് വജ്രം ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കുന്നത് പക്ഷെ അതിന് മുൻപ് എന്നെ കൊല്ലുന്നതിന് മുൻപ് പരമാവധി നിന്ന ഞാൻ തകർക്കും ഞാൻ നീ ഒന്നാണ് ഒരേ ബ്രഹ്മം ആ കാര്യത്തിലൊന്നും എനിക്കൊരു സംശയവുമില്ല ഗംഭീരമായ യുദ്ധം നടക്കുന്നു ഗംഭീരമായ യുദ്ധം എടാ ഇവിടെ ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല വൃത്തം പറയുകയാണ് സർവം ഭഗവാന്റെ കയ്യിൽ യഥാ ദാരുമയി നാരിഥാ യന്ത്രമയെപ്പുമാൻ തഥാ സർവാണി ഭൂതാൻ ഈശതന്ത്രാണി വിധിഭോ യഥാ ദാരുമയി നാരി ഒരു മരപ്പാവ ആ പാവയെ പാവകളിക്കാരൻ എങ്ങനെയൊക്കെയാണ് കളിപ്പിക്കുന്നത് പാവകളിക്കാരൻ്റെ ഇഷ്ടം പോലെ കളിപ്പിക്കും അതുപോലെ ഈ ജഗത്തിനെ ഭഗവാൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജഗത്തിലെന്ന് വെച്ചാൽ എന്നിന്നും കളിയും മാത്രമൊന്നുമല്ല അനന്ത കോടി സൂര്യന്മാരെ അനന്ത കോടി ചന്ദ്രന്മാര് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ആര് ഈ ബ്രഹ്മം നേരിട്ടല്ല മായ തൻ്റെ മായാദേവിയിൽ കൂടി ആ ബ്രഹ്മം ഇവരെയൊക്കെ കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് എന്നാരു പറയുന്നു വൃത്രൻ യഥാ ദാരുമയി നാഴി യഥാ യന്ത്രമയപ്പുമാൻ തഥാ സർവാണി ഭൂതാൻ ഈശതന്ത്രാണി വിധിപ്പോ സകല ജീവജാലങ്ങളും സൂര്യചന്ദ്രന്മാരുൾപ്പെടെ ആ ജഗതീശ്വരൻ്റെ കളിയിൽപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഞാനോ നീയോ ഒന്നുമല്ല എനിക്കീ മരണമെന്നൊരു പ്രശ്നമേ അല്ല നീ ഞാനോ ഒന്ന് നീ നീ പിന്നെ എന്താ ഈ വഞ്ചനം വെച്ചുകൊണ്ടിരിക്കുന്നത് ഇട കൊല്ലെന്നെ എന്തിനാണ് താമസിക്കുന്നത് ആ വൃത്ത് അത് വായിച്ചു നോക്കുക ഞാൻ ഈ പറഞ്ഞത് ഏതു പാപിക്കും ആ ജഗതീശ്വര തത്വം വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ഭക്തി ഭഗവത്ഭജനം നടത്താൻ കഴിയുമെങ്കിൽ ഏത് മഹാഭാപത്തിൽ നിന്നും രക്ഷ നേടാം അവിടെ പാപമൊന്നുമില്ല എന്ത് പാപം എന്ത് പുണ്യം കൃഷ്ണൻ പറയുന്നു ഇവിടെ ഗുണവും ദോഷവും ഒന്നും വേർതിരിക്കാൻ പോകണ്ട ഒക്കെ കർമ്മം ഗുണവും കർമ്മം ദോഷവും കർമ്മം കർമ്മം തന്നെ ഇല്ലാത്തത് നിങ്ങളതിനെ വേർതിരിക്കാൻ പോകുന്നതാണ് ഏറ്റവും വലിയ ബന്ധം എന്നുവെച്ച് ദോഷങ്ങൾ മനഃപൂർവ്വം ചെയ്യണമെന്നല്ല അർത്ഥം അങ്ങനെയൊന്നും ആരും ചെയ്യില്ല വെറും സഹജമായ കർമ്മങ്ങൾ വാസനാബദ്ധങ്ങളായ കർമ്മങ്ങൾ അതിൽ നിന്ന് പൊടുന്നനെ ഒഴിവാകാൻ ആർക്കും സാധ്യമല്ല ആർക്കും ഭഗവാൻ ഗീതയിൽ പറയുന്നു അർജുന യുദ്ധം നിൻ്റെ സഹജമായ കർമ്മമാണ് സഹജം കർമ്മ കൗന്തേയ സദോഷമിനേ സഹജമായ കർമ്മം അതിന് പല ദോഷങ്ങളും ഉണ്ടാവാം യുദ്ധം പോലെ ദോഷമുള്ള മറ്റൊരു കർമ്മമുണ്ടോ എത്ര പേരെ വധിക്കണം അർജുനന്റെ മുമ്പിലാണെങ്കിൽ ആരൊക്കെയാണ് നിൽക്കുന്നത് അപ്പൂപ്പന്മാർ ഗുരുക്കന്മാർ സഹോദരന്മാർ അമ്മാവന്മാർ അങ്ങനെ നിരന്ന് നിൽക്കുകയാണ് അവരെയൊക്കെ കൊല്ലണം അർജുന ആ സഹജം കർമ്മ കൗന്തേയ സദോഷമേ അതിലൽപ്പം ദോഷമുണ്ടെന്ന് വെച്ച അത് വിടരുത് നിൻ്റെ സ്വധർമ്മമാണ് എന്ന് പറഞ്ഞാൽ ഇത് ഈശ്വര പൂജയായി അനുഷ്ഠിച്ച കർമ്മബന്ധത്തിൽ നിന്നും നീ മുക്തനാവണം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഈശ്വരപൂജയായി കർമ്മമനുഷ്ഠിച്ച് ചിത്തശുദ്ധി ചിത്തമാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ജീവനുണ്ടാക്കുന്നത് ചിത്തമാണ് ചിത്തത്തിലെ ബ്രഹ്മപ്രതിബിംബമാണ് ജീവൻ ആ ചിത്തത്തെ കർമ്മം കൊണ്ട് ശുദ്ധമാക്കുകയും അങ്ങോട്ട് മാറ്റിക്കളഞ്ഞാൽ ജീവൻ ബ്രഹ്മമാകും അതുകൊണ്ട് ഗീത തന്നെ പറയുന്നു കായേന മനസ്സാ വാച കേവലൈരിന്ദ്രിയൈരവി യോഗിനകർമ്മകുർവന്തി സംഗം തത്വ ആത്മശുദ്ധയെ കർമ്മമെല്ലാം ആത്മശുദ്ധിക്കുപകരിക്കണം ശുദ്ധി എന്ന് വെച്ചാൽ രാഗദ്വേഷങ്ങൾ കുറയുന്നു സർവം ഈശ്വരമയമാണെന്ന് ഉറപ്പുവരുന്നു ഒരു ദിവസമുണ്ടാവും അടുക്കളയിൽ പാചകമെല്ലാം ചെയ്തു കഴിഞ്ഞ് ഊണമേശയുടെ മുമ്പിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഓർമ്മിക്കണം ഇന്നലത്തേതിൽ നിന്നും എൻ്റെ ഉള്ളിൽ രാഗദ്വേഷങ്ങൾ കുറഞ്ഞോ ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം ഈശ്വരമയമാണെന്ന് ബ്രഹ്മം ആണെന്ന് എനിക്ക് കുറച്ചുകൂടെ ഉറപ്പായോ അങ്ങനെ അനുഷ്ഠിക്കുമെങ്കിൽ പാചകം ഗംഭീരമായ ഒരു ബ്രഹ്മയജ്ഞം നേരെ മറിച്ച് അത് അനുഷ്ഠിക്കുന്നില്ല സഹസ്ര കോടി അർച്ചന നടന്നു അർച്ചനൊക്കെ കഴിഞ്ഞു അഹങ്കാരം കുറച്ചുകൂടെ വർദ്ധിച്ചു പലരോടും പറഞ്ഞു ഞാനില്ലായിരുന്നെങ്കിൽ ഈ കോടി അർച്ചനയൊന്നും നടക്കില്ലായിരുന്നു എന്ത് പ്രയാസപ്പെട്ട് ഞാൻ എന്തെല്ലാം ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ അർച്ചന ഇത്ര കയമായിട്ട് നടന്നതെന്നറിയാമോ വിമാനത്തിലാണ് ഞാൻ ചെന്നൈയിൽ നിന്ന് പോകുമ്പറ്റും കൊണ്ടുവന്നത് ഇത് വേറെ ആർക്ക് കഴിയും ഇതാണ് കോടിയർച്ചനയുടെ ഫലമെങ്കിൽ തീർന്നു നേരത്തെ അല്പം വിളിച്ചുണ്ടായിരുന്നതും ഒക്കെ പോയി ഇപ്പൊ കൂരിരുട്ട് ഇതാണ് ജീവിത രഹസ്യം കർമ്മം എന്താണെന്നുള്ളതല്ല ഓരോ കർമ്മവും നിങ്ങളുടെ ഉള്ളിലെ ഭേദചിന്തകളും രാഗദ്വേഷവും കുറയ്ക്കുന്നുണ്ടോ രക്ഷപ്പെടും അല്ലെങ്കിൽ ഒരു കർമ്മവും അതെത്ര ഗംഭീരമായാലും ശരി ആരെയും ഇവിടെ രക്ഷിക്കാൻ പോകുന്നില്ല ഇതാണ് ഭക്തിപൂർവം ഭഗവത്ഭജനം നടത്തുക രാമൻ പറയുന്നതും ഹനുമാരെ ഭക്തിപൂർവം ആരെന്നെ ഭജിക്കുന്നുവോ അയാൾക്ക് നിശ്ചയമായും ഏത് വലിയ പാപവും അയാളെ വിട്ടുപോകും ഗീത ഗംഭീരമായി ഇക്കാര്യം പറയുന്നു അഭിചേത് സുദുരാചാരോ ഭജതേമാ അനന്യഭാവ സാധുരേവസമന്ത്യഹ അവനെ നല്ലവനായി തന്നെ കരുത്തണം സാധുരേവസമന്ത്യഹ സമ്യക് വ്യവസിതോഹി സഹ അർജുന നീ അങ്ങേ അറ്റത്ത ദുരാചാരിയാണെന്ന് വെച്ചോളൂ അഭിചേത് സുദുരാചാരോ വെറും ദുരാചാരൻ സുദുരാചാരൻ അഭിചേത് സുദുരാചാരോ ഭജേ മാം അനന്യഭാക് ഞാനേ ഉള്ളൂ ഭഗവാനെ അങ്ങ് മാത്രമേ ഇവിടെ ഉള്ളൂ ഈശാവാസ്യമിതം സർവം എനിക്കൊരു സംശയമില്ല ഈ കാണുന്നതൊക്കെ ഈശ്വരമയം എന്ന് പെട്ടെന്ന് ഉറക്കില്ല ക്രമേണ ഉറപ്പിച്ചുറപ്പിച്ചാരെ ഭജിക്കുന്നുവോ അനന്യഭാക് ആയിട്ട് മറ്റൊന്നിനെയും ഉള്ളിൽ ആശ്രയിക്കാതെ ആരെന്നെ ഭജിക്കുന്നുവോ നിശ്ചയമായും അവൻ വേണ്ട മാർഗത്തിലാണ് സത്യമാർഗത്തിലാണ് ക്ഷിപ്രംഭവതി ധർമാത്മാ അവനതിവേഗം ധർമാത്മാവായി മാറും ശശ്വത് ശാന്തി ബ്രഹ്മശാന്തി അതാണ് ശശ്വത് ശാന്തി ഒരിക്കലും വിട്ടുമാറാത്ത ശാന്തി ഒരിക്കലും നഷ്ടമാകാത്ത ബ്രഹ്മസുഖം അവന് ലഭ്യമാകും അർജുന അങ്ങനെയുള്ള ഭക്തന്റെ യോഗക്ഷേമം ഞാൻ നോക്കും അതാണ് അനന്യാസ്ചിന്തയൻ തോമാം ഏജന പരിപാസത്തെ തേഷാം നിത്യാഭിയുക്താനാൻ യോഗക്ഷേമം വഹാമ്യഹം അല്ല വെറുതെ നമ്മൾ എന്തെങ്കിലും ഭജന എന്ന് കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ടെന്നല്ല അതൊക്കെ ആവാം പൂകെട്ടലാവാം പടം ചാളത്തുന്നതാവാം ദീപാരാധനയാവാം പക്ഷെ മനസ്സിൽ രാഗദ്വേഷം അതുകൂടെ നോക്കിക്കൊള്ളണം അല്ലെങ്കിൽ എന്തു ചെയ്തിട്ടും ഒരു പ്രയോജനവുമില്ല ഭഗവാൻ വീണ്ടും പറയുന്നു അർജുന അഭിചേദസി സർവേഭ്യ പാപേഭ്യ പാപകൃത്തമ ഇത് കൃഷ്ണൻ പറയുന്നത് ഇവിടെ രാമം പറഞ്ഞു ഇത് തന്നെ അവിടെ കൃഷ്ണനും പറഞ്ഞിട്ടുള്ളത് നീ സകല പാപികളിലും വച്ച് അങ്ങേ അറ്റത്ത പാപി പച്ച നിന്നെക്കാൾ കവിഞ്ഞ് ഒരു പാപി ഈ ലോകത്തില്ല ലൗകിക ദൃഷ്ടിയ എന്ന് കരുതിക്കൊള്ളൂ സാരമില്ല സർവം അതൊക്കെ ജ്ഞാനപ്ലവേന ഇവ ഈ ജ്ഞാനം കണ്ട അവിടെ ഭക്തിയല്ല ഭക്തി എന്നുള്ള പേരല്ല ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്ന ഈ ജ്ഞാനം എന്താ ജ്ഞാനം ഈശാവാസ്യം ഇതം സർവം എന്ന ജ്ഞാനം സർവം ബ്രഹ്മമയം സർവം ബ്രഹ്മമയം എന്ന ജ്ഞാനമാകുന്ന തോണിയിൽ കയറൂ ഈ പാപ സമുദ്രം ഇത് നിമിഷം കൊണ്ട് കടന്നു എന്താ കാരണം സർവമീശ്വരമയം ഇവിടെ എന്ത് പാപം എന്ത് പുണ്യം ഇതുറപ്പിക്കാതെ വേറെ എവിടെ ആർക്കെന്ത് രക്ഷ കിട്ടും അപ്പം ഈ ബ്രഹ്മജ്ഞാനം ഉറപ്പിക്കൂ ഏത് പാപത്തെയും നിമിഷം കൊണ്ട് കടക്കാം സർവ പാപം ആദ്യമില്ല അത് ബ്രഹ്മം ഏത് പാപം ഞാൻ അപ്പൻ്റെ നേരൊക്കെ അമ്പ അയച്ചോ അയച്ചെങ്കിൽ അത് ബ്രഹ്മം ബ്രഹ്മയജ്ഞം എന്ത് പാപം ഇവിടെ പാപവുമില്ല പുണ്യവുമില്ല കർമ്മവുമില്ല അപ്പനുമില്ല ആരുമില്ല തൽക്കാലം എന്ന് വിചാരിച്ച് നല്ലവണ്ണം ഇത് ഉറപ്പിച്ചോണ് കുഴപ്പമൊന്നും ഒക്കെ കേട്ടിട്ട് എല്ലാം അപ്പബനുണ്ട് ബ്രഹ്മം അപ്പനില്ലാതെയല്ല അപ്പുവനുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാം ബ്രഹ്മമയം ഉള്ളിൽ അത് നല്ലവണ്ണം ഉറപ്പിക്കുക അപ്പം എവിടെ എന്ത് ചെയ്യണം എന്നൊക്കെ വ്യക്തമായി ബോധ്യപ്പെടും ആ ബോധ്യത്തിൻ്റെ പേരിലേ പ്രവർത്തിക്കാവൂ അല്ലാതെ ഇതൊക്കെ കേട്ടിട്ട് ചാടിക്കയറി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചാൽ അനുഭവിച്ചുകൊള്ളണോ അത്രയേ ഉള്ളൂ പേരെ മാർഗമൊന്നുമില്ല കൃഷ്ണൻ പറയുന്നു ഇതൊക്കെ കൃഷ്ണൻ എന്ത് ഗംഭീരമായിട്ട് പറഞ്ഞുവെച്ചിരിക്കുന്നു അതുകൊണ്ടാണ് കൃഷ്ണൻ പൂർണാവതാരമായത് യസ് നഹംകൃത്തോ ഭാവോ ആർക്കാണോ അഹങ്കാരമില്ലാത്തത് ഞാൻ ചെയ്യുന്നു എൻ്റെ കൈമത്വം ഇതാർക്കില്ലയോ ഇതൊക്കെ ഒക്കെ ഭഗവാന്റെ ഒരു ഇന്ദ്രജാലൻ ഞാനും എന്തൊക്കെയോ ചെയ്യുന്നു ഇപ്പം ഇവിടെ ഇതാ പ്രസംഗിക്കുന്നു അത് ചെയ്യുന്നു മായണം ഏത് ഞാൻ ഒക്കെ ഈശ്വരൻ ബ്രഹ്മം അല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്ന് ഉറപ്പുണ്ടോ യസ്യനാഹങ്കൃത്തോഭങ്ങളോ ഉത്തരവി യസ്യ നലിപ്യതയെ കൗറ് കർമ്മം ചെയ്തിട്ടുള്ളു ഞാൻ ചെയ്തു എൻ്റെ കൈമത്വമാണ് ഫലം തന്നെ വേണം എന്നിങ്ങനെ ആരുടെ കർമ്മമാണോ അവനെ കയറി പിടികൂടാത്തത് സംഘം സംഘം ഇല്ലാതെ അനുഷ്ഠിക്കപ്പെടുന്നത് യസ് എന്ന അഹങ്കൃത്തോ ഭാവോ ബുദ്ധർ യെസ് എന്ന ലിപ്യത്തെ ഹത്വാഭിസൈമാൻ ലോക്കാൻ അവനീ ലോകത്തെ മുഴുവൻ കൊല്ലട്ടെ അർജുന ഹത്വാഭിസൈമാൻ ലോക്കാൻ ഒരു ബ്രഹ്മനിഷ്ഠന് മാത്രമേ ഈ അഹങ്കാരമില്ലായ്മയും ബുദ്ധിയുടെ സംഘമില്ലായ്മയും ഉണ്ടാവൂ വേറെ ആർക്കും ഉണ്ടാവൂല അവൻ ലോകത്തെ മുഴുവൻ കൊല്ലട്ടെ ന ഹന്തി അവൻ കൊല്ലുന്നില്ല എന്താ കാര്യം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തില്ലേ ഇത് വെറും ഒരു ഇന്ദ്രജാലം ഇവിടെ ഒരു ലോകവുമില്ല ഒന്നുമില്ല ന ന നിപദ്ധ്യത്തെ അവൻ ലോകത്തെ മുഴുവൻ കൊന്നാലും അവനാരെയും കൊല്ലുന്നില്ല ആ കൊല്ലുകയെന്ന കർമ്മം അവന ലേശവും പിടികൂടുന്നില്ല ഈ സ്നേഹിതായി എന്ത് കർമ്മം നിങ്ങൾ ചെയ്തതോ ചെയ്തില്ലോ എന്നുള്ളതെല്ലാം നിങ്ങൾ ഇതൂടെ ശീലിക്കൂ ബാക്കിയെല്ലാം ഇതിൻ്റെ പുറകെ വരും അല്ലാതെ അന്ധമായി എല്ലാം ബ്രഹ്മമാണെന്ന് പറഞ്ഞെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ ഈ ഞാൻ പാവം ചെയ്തോ പാവം ചെയ്തോ രാത്രി ഉറക്കമൊഴിയാതെ പ്രഷറുമൊക്കെ കൂടി ആകെ കുഴപ്പമുണ്ടാകാനിടയാവും ഇത് നിരന്തരമായി അഭ്യസിക്കൂ മനസ്സിനെ പഠിപ്പിക്കൂ അങ്ങനെയുള്ള ആൾക്ക് ഏതു ഭാവത്തിൽ നിന്നും അതിവേഗം വിമുക്തി കിട്ടും കൃഷ്ണനും നല്ല വണ്ണം തറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് അക്കാര്യമാണിവിടെ രാമനും ആവർത്തിച്ചു പറയുന്നത് യോഗി വൃന്ദാപഹാരി സുവർണസ്ഥേ ഈ ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്തിയാ രാമനാമത്ത ജപിച്ചിടുകിൽ ദേവകളാരാമോദപൂർവം പൂജ്യനായി വരും അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടും ഇല്ല സംശയമേതും ഇങ്ങനെ എല്ലാവരും ഒരു കാര്യം തന്നെ പറയുന്നത് കൃഷ്ണനും രാമനും ഒക്കെ അല്ലാതെ വേറെ എന്ത് കാര്യം പറയാനിരിക്കുന്നു ശാസ്ത്രീയമായ സത്യം ജീവൻ ബ്രഹ്മമാണ് തൻ്റെ സങ്കുചിതമായ രാഗദ്വേഷങ്ങളും ഭേദചിന്തകളും ഉപേക്ഷിക്കുമെങ്കിൽ ആ ജീവൻ അടുത്ത ബ്രഹ്മാനന്ദത്തിന് പാത്രമായി തീരും ഇത്രയും കേട്ടിട്ട് ദേവി പറഞ്ഞു ഇതൊന്നും പോരാ എനിക്ക് ചുരുക്കി കേട്ടത് പോരാ എനിക്ക് എത്ര ചുരുക്കി പറഞ്ഞാലും രാമകഥ കേട്ടാൽ എനിക്ക് തൃപ്തി നാഥ ശിവനോട് പറയുകയാണ് എന്നുള്ളിൽ തൃപ്തി വരുക എന്നുള്ളതില്ലയല്ലോ എന്റെ ഉള്ളിൽ തൃപ്തി വരാൻ സാധ്യമല്ല നിർണയം അതുമൂലമൊന്നുണ്ട് ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തതേതു മതിയല്ല സാക്ഷാൽ ശ്രീനാരായണന്തൻ മഹാത്മ്യമെല്ലാം കിം ക്ഷണന്മാർക്കു വിദ്യ ഉണ്ടാകയില്ലല്ലോ ഒരു നിമിഷം അറിവ് നേടിയില്ല എന്നുവെച്ചു കുഴപ്പമൊന്നുമില്ല എന്നാരു വിചാരിക്കുന്നുവോ അവർക്ക് വേണ്ടത്ര അറിവുണ്ടായില്ല കിം ക്ഷണം ഈ ഒരു ക്ഷണമങ്ങ് പോയിരുന്നു വെച്ച് എന്താ കുഴപ്പം കിം ക്ഷണന്മാർക്ക് ഈ ക്ഷണം അതിന് നിസ്സാരം എന്നാർ കരുതുന്നുവോ അവർക്ക് വിദ്യ ഉണ്ടാകില്ല ഉണ്ടാകയില്ലല്ലോ കിം കണന്മാർക്ക് അർത്ഥവും അതുപോലെ ഈ ഒരു പൈസ ഇപ്പോൾ പല സാരമില്ല അങ്ങ് പോട്ടെ അങ്ങനെ വിചാരിച്ചുകൂടാ ഓരോ പൈസയും വിലപ്പെട്ടതാണെന്ന് കരുതുന്നവർക്ക് മാത്രമേ ധനമുണ്ടാവൂ കിം ഇണന്മാർക്കു നിത്യസൗഖ്യവും ഉണ്ടായി വരാ കിം ഇപ്പം ഇതൊരു ചെറിയ കടമല്ലേ ഉള്ളൂ പത്ത് രൂപ നമ്മളിപ്പോൾ ആരോടും ലക്ഷക്കണക്കിന് രൂപയൊന്നും കടം വാങ്ങിച്ചിട്ടില്ലല്ലോ ഒരിക്കലും കരുതരുത് പത്ത് രൂപ കടമുണ്ടോ അത് വീട്ടിയിട്ടും ബാക്കി കാര്യം കിം ഇറണന്മാർക്ക് ഈ കടം സാരമില്ല എന്ന് കരുതുന്നവർക്ക് നിത്യസൗഖ്യവും ഉണ്ടായി കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ ദേവന്മാർ ഓ എന്ത് ദേവൻ സൂര്യൻ സൂര്യൻ ദേവനോ ബേണിംഗ് മാസ് എനിക്ക് നല്ല ശാസ്ത്രബുദ്ധിയുണ്ട് എന്നൊക്കെ കരുതുന്നവർക്ക് ഗതിവരില്ല അവർ ഈ ആകാശത്ത് ഗംഭീരമായി പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നവരൊക്കെ അവരെയൊക്കെ നിസ്സാരമായി കരുതരുത് അവരൊക്കെ ഇല്ലെന്നല്ലേ പറഞ്ഞത് ഇല്ല ആ ഇല്ലാത്തവരെ വ്യക്തമായി കാട്ടിത്തരുന്ന ആ ഈശ്വരനെ അവരിൽ കാണൂ മരുഭൂമിയിൽ ഓരോ ഉള്ളിക്കാനൽ ജലത്തിലും മരുഭൂമിയെ കാണോ അല്ലാതെ നിസ്സാരമായി തള്ളിക്കളയരുത് സർവം ബ്രഹ്മമയം എന്നാരറപ്പിക്കുന്നു ദേവന്മാരെല്ലാം ആരാണോ ആ ബ്രഹ്മതത്വം ഉറപ്പിക്കുന്നത് അങ്ങനെ ഉറപ്പിക്കാത്തവർക്ക് ഗതി ഉണ്ടാവില്ല അതുകൊണ്ട് ഭർത്താവേ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളിച്ചെയ്തിയിടണം മടിയാതെ വിസ്തരിച്ച് ഈ രാമചരിതം എനിക്ക് കേൾക്കണം അവിടുന്നല്ലാതെ ഇത് പറഞ്ഞു തരാൻ ഉത്തമമായ രാമചരിതം മനോഹരൻ വിസ്തരിച്ചരുളിചൈതീടണം മടിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം ശിവനും ബ്രഹ്മം തന്നെയാണ് അതാണ് ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ പരമാത്മാവ് അപ്പോ സാർ നമ്മൾ രാമന് പരമാത്മാവെന്നല്ലേ പറയുന്നത് അപ്പം പരമശിവനീ അങ്ങനെ തന്നെ പറയാമോ എന്താ ശരിക്ക് രാമൻ്റെ ബ്രഹ്മതത്വം എന്താണെന്നറിഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കുമോ രാമനെ ബ്രഹ്മമെന്ന് പറയുന്നത് കേൾക്കുന്ന ആളും ബ്രഹ്മമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അത് സാധിക്കുന്നില്ലെങ്കിൽ രാമനെ ബ്രഹ്മമാണെന്നറിയുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ വരൻ സുന്ദരഗാത്രി കേട്ടുകുൾകന് അരുൾ ചെയ്തു വേദാവു ശതകോടി ഗ്രന്ഥവിസ്തരം പുര വേദസം ഇതം അരുൾ ചെയ്തിതു രാമായണം ഒരു കോടി ശ്ലോകങ്ങളാണ് ബ്രഹ്മാവ് ആദ്യം ബ്രഹ്മാവാണ് ആദ്യമായി ഈ രാമായണകഥ പുറത്തേക്ക് വിട്ടത് ഹേ അതെപ്പോഴാണ് സാർ അതൊന്നും ഇപ്പൊ ചോദിക്കരുത് തൽക്കാലം പറയാൻ പറ്റില്ല നൂറ് ശ്ലോ കോടി ശ്ലോകങ്ങളാണ് ഗ്രന്ഥഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഒരു ശ്ലോകം എന്നേ അർത്ഥമുള്ളൂ അല്ലാതെ പുസ്തകം എന്നൊന്നും അർത്ഥമില്ല വേദാവ് ശതകോടി ഗ്രന്ഥവിസ്തരം പുര വേദസംഹിതം തുല്യമായി അരുൾ ചെയ്തി തുരാമായണം വാഗ്മുന് രുപത്തിനാലായിരം ഗ്രന്ഥം ആയി ഇരുപത്തിനാലായിരം ശ്ലോകം വാൽമീകി വാൽമീകി പിന്നെ ഇരുപത്തിനാലായിരം ശ്ലോകം നാൻമുഖൻ നിയോഗത്താൽ മനുഷ്യമുക്തിയർത്ഥമായി ചമച്ചാൻ അതിലിതു ചുരുക്കി രാമദേവൻ നമുക്ക് ഉപദേശിച്ചു രാമദേവൻ നമുക്ക് ഉപദേശിച്ചു ആ പരമശിവന് അതെന്നാണ് സാർ രാമദേവൻ പരമശിവൻ ഉപദേശിച്ചത് വരട്ടെ ഞാൻ പരമശിവനുമായിട്ട് ചോദിച്ചാലോചിച്ചിട്ട് അതിന് പിന്നെ ഉത്തരം പറയാം ചമച്ചാൻ ഇതിലിത് ചുരുക്കി രാമദേവൻ നമുക്കും ഉപദേശിച്ചിടിനം പുരാ ഭുര പണ്ടുപദേശിച്ചു അധ്യാത്മരാമായണം എന്നു വെച്ചാൽ ഇതൊന്നുമല്ല ഇതൊക്കെ ഇതിന്റെ മഹത്വം കാണിക്കാൻ ഇങ്ങനെ പറയുന്നുവെന്നേയുള്ളൂ രാമചരിതം ബ്രഹ്മചരിതമാണ് രാമനെ ബ്രഹ്മമായി കാണുക ബ്രഹ്മമല്ലാതിവിടെ മറ്റൊന്നുമില്ലെന്ന് നല്ലപോലെ കാണുക വാൽമീ പുനരിരുപത്തിനാലായിരമായി നാൻമുഖം നിയോഗിച്ചാൽ മനുഷ്യമുക്ത മുക്ത്യർത്ഥമായി അതിലിത് ചുരുക്കി രാമദേവൻ നമുക്കും ഉപദേശിച്ചിടിനാൻ ഏവം പുര അധ്യാത്മരാമായണം എന്നു പേര് ഇതിനിതം അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാകാം ആത്മജ്ഞാനമുണ്ടാവും പേടിക്കണ്ട വേണ്ടവണ്ണം ഇത് അധ്യയനം ചെയ്താൽ എന്തും കിട്ടും ഭൗതികമായ എന്തും പക്ഷേ ഈ വസ്തുത അറിഞ്ഞുകൊണ്ട് വേണം വെറും ഒരു സ്വാർത്ഥത മുന്നിൽ നിരത്തിക്കൊണ്ട് അധ്യയനം ചെയ്താൽ ചിലപ്പോ കിട്ടിയെന്ന് വരില്ല പുത്രസന്തതി ധനസമൃദ്ധി ദീർഘ ആയുസ്സം മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാൽ ഏതൊരു രോഗവും രാമനാമം ഭക്തിപൂർവം ജപിക്കാമെങ്കിൽ മാറിക്കിട്ടും ഭക്തിയും വർദ്ധിച്ചീലും മുക്തിയും സിദ്ധിച്ചീടും എത്രയും രഹസ്യം ഇതെങ്കിലോ കേട്ടാലും നീ നീ ഇത് കേട്ടോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ രാമചരിതം വിസ്തരിച്ച് പ്രതിപാദിക്കുകയാണ് നമുക്ക് ഇന്നും ഇവിടെ ശിവൻ രാമകഥ വിസ്തരിച്ച് പറഞ്ഞൊരുപെടുന്നു നാളെ നമ്മൾ രാമ അവതാരം ചച്ച രാമാവതാരം മാത്രമല്ല പൊതുവെ അവതാരം ഭഗവാൻ അവതരിക്കുന്നു അവതരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ സാർ ഈ ബ്രഹ്മചർച്ചയോടൊപ്പം ഈ അവതരിക്കുന്നു എന്ന് പറഞ്ഞതൊക്കെ കള്ളമാണോ സാർ കൃഷ്ണൻ തീർത്തു പറഞ്ഞിരിക്കുന്നു യഥാതാ ഹി ധർമ്മസ്യ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തും രാമൻ നമ്മയൊക്കെ പൂർണ്ണമായി അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം